അദ്ദേഹം നിങ്ങളെ വിവാഹമോചനം ചെയ്താൽ നിങ്ങളെക്കാൾ ഉത്തമരായ മുസ്ലിങ്ങളായ വിശ്വാസികളായ അനുസരണയുള്ളവരും പശ്ചാത്തപിക്കുന്നവരും ആരാധനകളിൽ മുഴുകുന്നവരും യാത്ര ചെയ്യുന്നവരും വിധവകളും കന്യകകളുമായ ഭാര്യമാരെ അദ്ദേഹത്തിന് പകരം നൽകാൻ അദ്ദേഹത്തിന്റെ രക്ഷിത ഒരുപക്ഷെ ഇടയാക്കിയേക്കാം